ണാമം അങ്ങനെ ബ്രഹ്മ സത്യം ജഗന് മിഥ്യ എന്ന രണ്ടു കാര്യങ്ങളും നമ്മൾ വിശദമായി ചർച്ച ചെയ്തു അപ്പൊ ഇന്ന് ചർച്ച ചെയ്യാനുള്ളത് ജീവോ ബ്രഹ്മയോ ആ ജീവൻ ബ്രഹ്മം തന്നെയാണ് അക്കാര്യം രാമൻ തന്നെ ഹനുമാന് ഉപദേശിക്കുകയാണ് ഈ ജീവൻ്റെ കാര്യമാണ് നമുക്ക് വ്യക്തമായും അറിയേണ്ടത് കാരണം നമ്മളൊക്കെ ജീവനാണ് ജീവന്മാരാണ് ജീവന്മാർ യഥാർത്ഥത്തിൽ ബ്രഹ്മമാണ് ചില മറകൾ ആ മറകളൊന്നു മാറ്റിയാൽ നമ്മളൊക്കെ ബ്രഹ്മമാണ് ഭഗവാൻ ഗീത ഏഴാം അധ്യായത്തിൽ അർജുനോട് പറയുന്നു അർജുന ജീവൻ എന്റെ പരാപ്രകൃതിയാകും ജഡമെല്ലാം അപരാപ്രകൃതി ജീവൻ പരാപ്രകൃതി ഇത സ്ത്വന്യാം പ്രകൃതി വൃത്തിമേ പരാം ജീവഭൂതാം യയേദം ധാര്യത്തെ ജഗത് അർജുന ഈ ജീവനാണ് ജഗത്തിനധരിക്കുന്നത് ജഗത്തുള്ളത് ജീവനാണ് ബന്ധമുള്ളത് ജീവനാണ് മോക്ഷം നേടേണ്ടത് ജീവനാണ് ബന്ധമോക്ഷാദി സകലത്തും ജീവൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മിലെല്ലാം ഞാൻ ഉണ്ട് ഞാനുണ്ട് എന്നിങ്ങനെ അനുഭവപ്പെടുന്ന ഈ ജീവൻ്റെ മാത്രം ഏർപ്പാടുകളാണ് പരമാത്മാവിന് ജഗത്തില്ല ബന്ധമില്ല മോക്ഷമില്ല ഒന്നുമില്ല സദാ ആനന്ദസ്വരൂപനായി നിശ്ചലനായി സർവത്ര നിറഞ്ഞ് നിൽക്കുന്നു ആ പരമാത്മാവിൽ ഒരു ജീവത്വം ആരോപിക്കപ്പെട്ടു ആരാ ആരോപിച്ചത് പരമാത്മശക്തിയായ മായ അതായത് രാമനിൽ സീത സീതയാണ് ഈ ജീവത്വം ആരോപിച്ചിരിക്കുന്നത് അങ്ങനെ അക്കാര്യം ഭഗവാൻ രാമൻ തന്നെ ഹനുമാൻ പറഞ്ഞു കൊടുക്കുകയാണ് അഞ്ജനാദനയനോടിങ്ങനെ സീതാദേവി കഞ്ചലോചനതത്വം ഉപദേശിച്ച ശേഷം അഞ്ജസ രാമദേവൻ മന്ദഹാസവും ചെയ്ത് എന്താ ഈ മന്ദഹാസം ചെയ്യുന്നത് പുഞ്ചിരി തോന്നുന്നത് ഒന്നുമില്ലിവിടെ എങ്കിലും ഉപദേശിക്കണം അതാണേ അഞ്ചസ രാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ജുളമാച പുനരവനോടുര ചെയ്തു ഹനുമാനോട് പറയുകയാണ് പരമാത്മാവാകുന്ന ിംബത്തിൻ പ്രതിബിംബം പരിതൽ കാണും അതു ജീവാത്മാവറികടോ ജീവോ ബ്രഹ്മൈവ ജീവൻ ബ്രഹ്മം തന്നെ അപ്പൊ എന്താ ഇപ്പൊ പറ്റിയത് എന്താ കുഴപ്പം പറ്റിയത് പരമാത്മാവ് പ്രതിബിംബിച്ചു നമ്മളൊരു കണ്ണാടി മുമ്പ് ചെന്ന് നിന്നാൽ നമ്മുടെ മുഖം കണ്ണാടിയിൽ പ്രതിബിംബിക്കും അതുപോലെ പരമാത്മാവ് പ്രതിബിംബിച്ചു എവിടെ പ്രതിബിംബിച്ചു മായ ഉണ്ടാക്കിത്തീർത്ത ചിത്തത്തിൽ പ്രതിബിംബിച്ചു ആ പ്രതിബിംബമാണ് ജീവൻ ചിത്തവും പ്രതിബിംബവും ഒരുമിച്ചുണ്ടാകുന്നു ചിത്തമോ മായ ഉണ്ടെന്ന് തോന്നിച്ച ഒരു ഭ്രമമാണ് ആ ചിത്തത്തിൽ പരമാത്മാവ് പ്രതിബിംബിച്ചു അതാണ് ജീവൻ ഈത് ഏഴാം അധ്യായത്തിൽ ഭഗവാൻ ഇത് പറയുന്നു പിന്നെ പതിനഞ്ചാം അധ്യായത്തിൽ വ്യക്തമായി വിവരിക്കുന്നു മമൈവംശോ ജീവലോകെ ജീവഭൂതസനാതനഃ മനഃഷ്ടാനിന്ദ്രിയു പ്രകൃതിസ്ഥാൻ കർഷത്തി ചിത്തം ചിത്തമെന്ന് പറഞ്ഞാൽ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ചേർന്ന ഒരു ഘടകമാണ് സങ്കല്പം സങ്കല്പിച്ച് ഉണ്ടായതാണ് മായയാണി സങ്കല്പത്തിനൊക്കെ കാരണം അകാരണമുപായ സർവേ ജീവാപരാത്മദാസ് പശ്ചാത്ത സ്വകർമാണി കാരണം സുഖദുഃഖയോ വാശിഷ്ഠം പറയുന്നു പരമാത്മാവിൽ നിന്നും ഒരു കാരണവും കൂടാതെ ഈ ജീവന്മാർ ഉണ്ടെന്ന് തോന്നുന്നു അകാരണമുപായാന്തി സർവേ ജീവാ ച അമീവ മുതൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ വരെയുള്ള ഒക്കെ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ വരെയുള്ള ഈ അനന്തകോടി ജീവന്മാർ സൂര്യചന്ദ്രന്മാർ ഒക്കെ അകാരണമോപായാന്തി ഒരു കാരണവുമില്ല ഈ മായയ്ക്കങ്ങനെയാണ് ഒരു കാരണവുമണ്ട് ഈ മായ അനന്തകോടി ജീവന്മാരുടെ തോന്നലുള്ളവാക്കുന്നു അകാരണമോപായാന്തി സർവേ ജീവാഹ പരാത്മദാ പരമാത്മാവിൽ നിന്ന് നമ്മളൊക്കെ ഞാൻ ഇപ്പം ഞാനുണ്ട് നമ്മുടെ ഉള്ളിലൊക്കെ ഒരനുഭവമില്ലേ എന്തിനാ ഈ അനുഭവം എന്നുവെച്ചാൽ ഈ ജീവനെയൊക്കെ നമുക്ക് തന്നെ വിലയിരുത്താം നമ്മള നമ്മളതാണല്ലോ ഇപ്പം ഞാനുണ്ട് എന്ന് നമ്മുടെ ഉള്ളിലൊരനുഭവം എവിടുന്ന് വന്നു ഈ അനുഭവം വെറുതെ വന്നു ഞാനുണ്ട് എന്നൊരനുഭവം അകാരണം ഉപായാന് തീ എന്തിനു വന്നു അതൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല ഞാനുണ്ട് എന്ന അനുഭവം ഉണ്ടോ അതാണ് ജീവൻ ഞാനുണ്ട് നമ്മളൊക്കെ ജീവന്മാരാണ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ നിന്ന് ബ്രഹ്മം തന്നെ പ്രതിബിംബിച്ച ഒരു അനുഭവം എവിടെ പ്രതിബിംബിച്ചു ചിത്തത്തിൽ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ മനസ്സ് മനസ്സഷ്ഠാൻ ഇന്ദ്രിയണി പ്രകൃതിസ്ഥാനി കർഷത്തി ഭഗവത്ഗീതയിൽ പറയുന്നു മനസ്സുൾപ്പെടെയുള്ള ആറ് ഇന്ദ്രിയങ്ങൾ എന്താ കണ്ണ് മൂക്ക് നാക്ക് ചെവി തൊക്ക് തുടങ്ങിയുള്ള ആറ് ഇന്ദ്രിയങ്ങളും മനസ്സും ഒരുമിച്ച് ചേർന്ന് ചിത്തം അന്ധക്കരണം സൂക്ഷ്മ ശരീരം എന്തു പേര് പറഞ്ഞാലും വേണ്ടില്ല ഇങ്ങനെ ഒരു വസ്തുവിനെ ഉണ്ടാക്കുന്നു മനസ്സെന്നൊരു വസ്തുവിനെ ഇതിനാകെക്കൂടി മനസ്സെന്ന് പറയാൻ നമുക്ക് മനസ്സിനെ ഉണ്ടാക്കുന്നു അതിൽ ബ്രഹ്മം പ്രതിബിംബിക്കുന്നു പ്രതിബിംബവും മനസ്സും ഒരുമിച്ചുണ്ടാകുന്നു അല്ലാതെ മനസ്സുണ്ടായിട്ട് പ്രതിബിംബം പ്രതിബിംബം ഉണ്ടായിട്ട് മനസ്സ് അങ്ങനെ പറയാൻ പറ്റില്ല മനസ്സില്ലെങ്കിൽ പ്രതിബിംബമില്ല ബ്രഹ്മത്തിന് പ്രതിബിംബിക്കേണ്ട ആശ്രയമാണ് മനസ്സ് അപ്പം മനസ്സില്ലെങ്കിൽ പ്രതിബിംബം ഉണ്ടാവില്ല പ്രതിബിംബം ഇല്ലെങ്കിൽ മനസ്സും ഉണ്ടാവില്ല ഇതാണ് റിലേറ്റീവ് സാപേക്ഷങ്ങളായ രണ്ട് ഘടകങ്ങൾ ഒരുമിച്ചുണ്ടാവുന്നു ഉണ്ടായതായി തോന്നുന്നു മായയുടെ ഏർപ്പാടാണിത് നമ്മളൊക്കെ ഞാനുണ്ട് ഞാനുണ്ട് എന്ന് തോന്നുന്നത് ചിത്തത്തില് ഈ പരമാത്മപ്രതിബിംബത്തിൻ്റെ ഏർപ്പാടാണ് പരമാത്മാവ് പ്രതിബിംബിച്ചു ചിത്തത്തിൽ അങ്ങനെ ഞാൻ ഞാൻ എന്ന് തോന്നലുള്ളതായി അതാണ് ജീവൻ എന്ന് പറയുന്നത് അകാരണം ഒരാവശ്യവുമില്ല വാസ്തവത്തിൽ എന്തിനാ ഇപ്പം ഈ ജീവൻ ഉണ്ടായെന്ന് തോന്നിയത് നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞല്ലോ സൂര്യൻ ഇങ്ങനെ ഉണ്ടായെന്ന് തോന്നി ചുറ്റിക്കറങ്ങുന്നു ഒരു സൂര്യനല്ല അനന്ത കോടി സൂര്യൻ മാൾ ഇതെന്തിന് ആരോടാ ചോദിക്കുക വെറുതെ മായയുടെ യുക്തിഹീനപ്രകാശ്യ സംജ്ഞ മായ ഒരു യുക്തിയും ഇല്ലാതെ ചിലതൊക്കെ ഉണ്ടെന്ന് തോന്നിക്കുന്നു അനന്തകോടി സൂര്യന്മാരുണ്ടെന്ന് തോന്നിച്ചു എന്തിന് ഒരാവശ്യവുമില്ല മായയുടെ ജോലി ഇതാണ് ഇന്ദ്രജാലശക്തി നമ്മളൊക്കെ ഉണ്ടെന്ന് തോന്നിച്ചു എന്തിനാ തോന്നിച്ചാൽ വല്ല ഇപ്പം നമ്മളൊക്കെ ഉണ്ടെന്ന് തോന്നിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ പക്ഷെ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല മായ ഉണ്ടെന്ന് തോന്നിക്കുന്നു അതോടുകൂടി നമ്മളൊക്കെ ഉണ്ടെന്ന് തോന്നിയപ്പോൾ പ്രപഞ്ചമുണ്ടെന്ന് തോന്നി അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ അനേകം സൂര്യന്മാരുണ്ടെന്ന് തോന്നി പഞ്ചഭൂതങ്ങളുണ്ടെന്ന് തോന്നി അമീബ മുതൽ ബ്രഹ്മാവ് വരെയുള്ള ജീവന്മാർ ഉണ്ടെന്ന് തോന്നി അതിൽ നമ്മൾ ഉൾപ്പെട്ടു ഇതല്ലാതെ ഇതിനൊന്നും വേറൊരു വിവരണവും ഇല്ല അതാണ് ചിത്തത്തിലെ പരമാത്മപ്രതിബിംബം ചിത്തം പരമാത്മാവിന്റെ പ്രതിബിംബം രണ്ടും കൂടെ ചേർന്ന് ജീവൻ എന്നറിയപ്പെട്ടു അതാണിവിടെ ഭഗവാൻ രാമൻ ഹനുമാനോട് പറയുന്നത് പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവറോ തേജോരൂപിണിയാകുമെന്നുടെ മായതെങ്കൽ വ്യാജമെന്നിയേ നിഴലിക്കുന്നു കവിവരാ ഈ പരമാത്മാവ് എവിടെയാണ് നിഴലിച്ചത് തേജോരൂപിണിയായ എന്റെ തേജോ രൂപണിയാകുമെന്നുടെ മായതങ്കൽ വ്യാജമെന്നേ നിഴലിക്കുന്നു കവിവരാ ഇതെങ്ങനെ എങ്ങനെ എന്ന് ചോദിച്ചാൽ ഞാനൊരു ദൃഷ്ടാന്തം പറയാം ഓരോരോ ജലാശയേ കേവലം മഹാകാശം നേരെ നീ കാൺമീരയോ കണ്ടാലും അതുപോലെ ജലാശയം കാണുന്നുണ്ടല്ലോ ചെറിയ ചെറിയ കുളങ്ങൾ കായലുകൾ അല്ലെങ്കിൽ സമുദ്രം ഒക്കെ അവിടെ മഹാകാശം പ്രതിബിംബിക്കുന്നില്ലേ ആകാശത്തിലാണ് ഈ ജലാശയമൊക്കെ എന്നിട്ടതിൽ ആകാശം പ്രതിബിംബിക്കുന്നു ഒരു കായലിൻ്റെ കരയിൽ ചെന്ന് നോക്കിയാൽ ആകാശത്തിൻ്റെ പ്രതിബിംബം വ്യക്തമായി കാണാം അതുപോലെ ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരേ നീ കാണ്ലയോ കണ്ടാലും അതുപോലെ സാക്ഷാരുള്ളൊരു പരബ്രഹ്മം പരമാത്മാിയായുള്ള ബിംബം ആ പരമാത്മാവാണ് പ്രതിബിംബിക്കുന്നത് പരമാത്മാവ് ബിംബം സാക്ഷാൽ പരമാത്മാവ് പരമാത്മാവ് പ്രതിബിംബിക്കുന്നു മായയിൽ മായയിൽ എന്ന് പറഞ്ഞാൽ മായ ഉണ്ടാക്കുന്ന ചിത്തത്തിൽ പ്രതിബിംബിക്കുന്നു സാക്ഷാരുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമത് സഖയെ ആ ബിംബം നിശ്ചലമാണ് ആകാശം നിശ്ചലമാണ് കാശം ജലാശയത്തിൽ പ്രതിബിംബിക്കുന്നു അപ്പോഴും ആകാശം നിസ്തലമാണ് അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഇവിടെ ഈ ജീവനാണ് പ്രതിബിംബത്തോടുകൂടി ബന്ധം വന്നു ചേർന്നു എങ്ങനെ ബന്ധം വന്നു ചേർന്നു വെള്ളത്തിലെ പ്രതിബിംബം വെള്ളം ചലിച്ചാൽ പ്രതിബിംബം ചലിക്കും പോലെ തോന്നും വെള്ളം കലങ്ങിയാൽ പ്രതിബിംബം കലങ്ങിയതായി തോന്നും വാസ്തവത്തിൽ പ്രതിബിംബത്തിന് ഒരു ചലനവുമില്ല പ്രതിബിംബത്തിന് പോലുമില്ല ഒരു കലങ്ങലുമില്ല പക്ഷെ വെള്ളം കലങ്ങിയോ ഇപ്പൊ സൂര്യന്റെ പ്രതിബിംബം ഒരു ജലപാത്രത്തിൽ വെള്ളം നിറച്ചു ഒരു പാത്രം അതിൽ സാക്ഷാൽ സൂര്യൻ പ്രതിബിംബിക്കുന്നു നമുക്ക് വേണമെങ്കിൽ പരീക്ഷിച്ചു നോക്കാം സൂര്യന് വല്ല കലങ്ങളിലും ഉണ്ടോ ഒരു കലങ്ങളിലും പക്ഷേ ഈ പാത്രത്തില് വെള്ളം കലങ്ങിയതാണെങ്കിൽ അതിലുള്ള സൂര്യപ്രതിബിംബം കലങ്ങുന്നതായി തോന്നും സൂര്യൻ നിശ്ചലമാണ് വെള്ളത്തിൽ പ്രതിബിംബിച്ചു വെള്ളം ചലിക്കുന്നു സൂര്യൻ ചലിക്കുന്നതായി തോന്നും ഗണി പരീക്ഷിച്ചു നോക്കിക്കൊള്ളുക സാക്ഷാൽ സൂര്യന് ഒരു ചലനവുമില്ല പക്ഷെ ഈ പാത്രത്തിലെ സൂര്യൻ പ്രതിബിംബസൂര്യൻ ചലിക്കുന്നതായി തോന്നും പാത്രത്തിലെ വെള്ളം കലങ്ങിയാൽ പ്രതിബിംബസൂര്യൻ കലങ്ങുന്നതായി തോന്നും തെളിഞ്ഞാൽ പ്രതിബിംബസൂര്യൻ തെളിഞ്ഞതായി തോന്നും ഇതുപോലാണ് മനസ്സിൽ പരമാത്മാവ് പ്രതിബിംബിക്കുന്നു മനസ്സിന് ചലനമുണ്ടോ ജീവൻ പരമാത്മാവ് ചലിക്കുന്നതായി തോന്നും മനസ്സിന് ദുഃഖമുണ്ടോ ആത്മാവിന് ദുഃഖമുള്ളതായി തോന്നും മനസ്സിന് ദുഃഖമില്ലേ ആത്മാവിന് ദുഃഖമില്ല ചുരുക്കത്തിൽ ചിത്തമാണ് എല്ലാം ചിത്തമേ വഹി സംസാര ചിത്തമാണ് സംസാരം അത് ചലിച്ചാൽ ഞാൻ ആത്മാവ് ചലിക്കുന്നു ജീവൻ ചലിക്കുന്നു എന്ന് തോന്നും ചിത്തം ചലിക്കുന്നില്ലെങ്കിലോ ജീവൻ ഒരു ചലനവുമില്ല എന്ന് തോന്നും സക്കലത്തും ചിത്തമാണ് ചിത്തമേ വഹി നമ്മുടെ മനസ്സ് വേറൊന്നും പോലെ ചിത്തം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് അതുകൊണ്ട് ചിത്തമേവ ഹി സംസാര ചിത്തമാണ് സംസാരം തത് പ്രയത്നേന ശോധയേ എന്ത് വില കൊടുത്തും ആ ചിത്തത്തെ ശുദ്ധീകരിക്കണം ചിത്തം സർവം ബ്രഹ്മമയം എന്നുറപ്പിക്കുന്നോ നിങ്ങൾ ബ്രഹ്മത്തെ അനുഭവിക്കും ചിത്തം പരമദുഃഖമനുഭവിക്കുന്നോ നിങ്ങൾ ദുഃഖിക്കും ഒരാൾ മരിച്ചു നമ്മുടെ ചിത്തത്തിന് വല്ലാത്ത ദുഃഖം ചഞ്ചലത ദുഃഖം ഞാൻ ദുഃഖിക്കുന്നു ആ ചിത്തത്തിലെ പ്രതിബിംബമായ ജീവൻ ഞാൻ ദുഃഖിക്കുന്നു എന്ന് വെറുതെ ഭ്രമിക്കുന്നു വാസ്തവത്തിൽ ജീവന് ആത്മാവിന് ഒരു ദുഃഖവുമില്ല പക്ഷെ ചിത്തം ദുഃഖിക്കുന്നതായി ഭ്രമിക്കുന്നു അപ്പൊ ജീവനും അതിലെ പ്രതിബിംബമായി ജീവനും ദുഃഖിക്കുന്നതായി ഭ്രമിക്കുന്നു ചിത്രത്തിന് ദുഃഖമില്ലയോ ജീവന് ദുഃഖമില്ല ജലപാത്രത്തിലെ ജലം കലങ്ങുന്നില്ലയോ അതിലെ സൂര്യപ്രതിബിംബത്തിന് കലക്കമില്ല ജലം കലങ്ങുന്നോ സൂര്യപ്രതിബിംബം കലങ്ങുന്നതായി തോന്നും സൂര്യനൊരു കലക്കവുമില്ല പക്ഷെ വെള്ളം കലങ്ങിയാൽ പ്രതിബിംബം കലങ്ങുന്നതായി തോന്നും ഇതാണ് നമ്മുടെ ജീവന്റെ സ്ഥിതി ചിത്തമാണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കുന്നത് ആ ചിത്തത്തെ ഉണ്ടാക്കിയിരിക്കുന്നത് ആരാമായ ഒരാവശ്യവും ഈ ചിത്തത്തിന് ഉണ്ടാവേണ്ട ആവശ്യം മായ അങ്ങനെ ഒരു ചിത്തത്തിൽ ഉണ്ടാക്കി ഒരു മനസ്സിനുണ്ടാക്കി ഇത് അന്വേഷിച്ചൊരുപാട് സ്ഥലത്തൊന്നും പോലുള്ള നമ്മൾ നമ്മെ തന്നെ നിരൂപണം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും അപ്പം ഇവിടെ ഈ കൗൺസിലിങ്ങും അതും ഇതും ഒക്കെ ഇല്ലേ മനസ്സിന് സ്വസ്ഥതയില്ല ഉടനെ ഒരു മനഃശാസ്ത്രജ്ഞനെ കണ്ടു അദ്ദേഹം ചില ഉപദേശങ്ങളൊക്കെ നൽകി അപ്പോൾ കുറച്ചൊരു സ്വസ്ഥത കിട്ടി എന്നുവെച്ചാൽ മനസ്സിനൊരു സ്വസ്ഥത കിട്ടി അപ്പോൾ ആത്മാവിനും ജീവനും സ്വസ്ഥത മുഴുവൻ മായ എന്തിനിതൊക്കെ ഉണ്ടാക്കുന്നു അര മായയുടെ അര ചോദിക്കുക അഘടിത്ത ഘടനാപടിയ സീ മായ ഇല്ലാത്ത എന്തും ഉണ്ടെന്നു തോന്നിപ്പിച്ച് യാതൊരു യുക്തിയുമില്ലാതെ ദുഃഖിപ്പിക്കുന്നവളാണ് ഈ മായ മായ ഉണ്ടാക്കുന്ന ദുഃഖമാണ് ജീവന് ഉണ്ടെന്നു തോന്നുന്ന ദുഃഖം ഇത് നിയന്ത്രിക്കാനാണ് നമ്മൾ ഈ ഇന്നലെയൊക്കെ ഈ ചർച്ച ചെയ്തതെല്ലാം ഇവിടെ വാസ്തവത്തിൽ ഒരു ജഗത്തും ഇല്ല അതാണ് സത്യം ഇല്ലാത്ത ജഗത്ത് ജനിക്കുന്നതായി തോന്നുന്നു ആരാ തോന്നിപ്പിക്കുന്നത് പരമാത്മാവിന്റെ ഈ മായ മരിക്കുന്നതായി തോന്നിക്കുന്നു ഒരു നാമവും രൂപവും ഉണ്ടാകുന്നതായി തോന്നിക്കുന്നു നശിക്കുന്നതായി തോന്നിക്കുന്നു ആർക്കു തോന്നിക്കുന്നു മനസ്സിന് ആരാ തോന്നിക്കുന്നത് മായ എന്തില് തോന്നിക്കുന്നു വെറുതെ ഒരു കാര്യവുമില്ല ഇതാണ് ഈ സംസാരം ചിത്തമേ വഹി സംസാര അതുകൊണ്ട് ആ ചിത്തത്തിൽ പ്രതിബിംബിക്കുന്ന ആത്മാവാണ് ജീവൻ അപ്പൊ ജീവൻ ഇതൊക്കെ ഉണ്ടെന്ന് തോന്നും ചിത്തം ചലിക്കുമ്പോൾ ജീവൻ ചലിക്കുന്നതായി തോന്നും ചിത്തം ദുഃഖിക്കുമ്പോൾ ജീവൻ ദുഃഖിക്കുന്നതായി തോന്നും ഇതൊക്കെ സ്പഷ്ടമല്ലേ ഇപ്പൊ ഒരാൾ മരിച്ചു അതിൽ ഒരാൾ ദുഃഖിക്കൂ പല ജീവന്മാരുണ്ട് അടുക്കൽ ഒരാൾ ദുഃഖിക്കുന്നേ ഇല്ല ഞാൻ എൻ്റെ കൃത്യങ്ങളൊക്കെ ചെയ്യുന്നു വാസിഷ്ടത്തിലൊരു കഥയുണ്ട് പുണ്യനെന്നും പുണ്യ പാവനന്മാരുടെ കഥ ഒരച്ഛനുണ്ടായിരുന്നു അദ്ദേഹത്തിന് രണ്ട് മക്കളുണ്ടായിരുന്നു പുണ്യനെന്നും പാവനനെന്നും അദ്ദേഹം വളരെ കാലം ജീവിച്ചു സ്വസ്ഥനായിട്ട് ജീവിച്ചു ഈ തത്വമൊക്കെ അദ്ദേഹത്തിന് പിടികിട്ടി അദ്ദേഹം മരിച്ചു ഇതിലീ പുണ്യൻ അച്ഛനിൽ നിന്നും വാങ്ങി നല്ല ഉറപ്പുള്ളവനായിരുന്നു പാവനന് അത്രയും ഉറപ്പ് വന്നില്ല അപ്പൊ അച്ഛൻ മരിച്ചു പുണ്യൻ അല്പവും ദുഃഖിച്ചില്ല എന്നുവെച്ച മരിക്കും ഇപ്പൊ എന്തു ചെയ്യാൻ അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സാരമില്ല ഇത് രാതസ്വേ ഹി ധ്രുവോ മൃത്യുഹോ ധ്രുവം ജന്മ മൃതസ്യേച്ച ജനിച്ചാൽ മരിച്ചേ മരിച്ചാൽ ജനിച്ചേ പറ്റൂ അത് പറഞ്ഞാൽ നാമരൂപങ്ങളുടെ മാറ്റമാണ് ഒരു രൂപം പോയാൽ മറ്റൊരു രൂപം ഉണ്ടായേ പറ്റൂ ഇതൊക്കെ പുണ്യനറിയാമായിരുന്നു അതുകൊണ്ട് അച്ഛൻ മരിച്ചപ്പോ പുണ്യനശേഷം ദുഃഖിച്ചില്ല അച്ഛന് വേണ്ട ഉദകക്രിയകളൊക്കെ ചെയ്തു പാവനന് അത്രയും ഉറപ്പൊന്നില്ല അയാളെന്ത് ചെയ്തു അച്ഛൻ മരിച്ചപ്പോ നെഞ്ചത്തടിച്ചു വാവിട്ട് നിലവിളിച്ചു വീട്ടിൽ നിന്നിറങ്ങി പോയി ഒരു വിദിന സ്ഥലത്ത് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പോയിരുന്ന് കരയുകയാണോ പുണ്യനോ തൻ്റെ അച്ഛന്റെ ഉദയക്രിയോ ഒക്കെ ചെയ്തു അതൊരു തന്റെ ജോലി ഒടുവിൽ അനുജനെ അന്വേഷിച്ചു പോയി ഈ അന്വേഷിച്ചു ചെന്നപ്പോൾ ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് കരയുകയാണ് അപ്പൊ പുണ്യൻ പറഞ്ഞു അനിയ കഷ്ടം നീ എന്തിനായി കരയുന്നത് അച്ഛൻ എല്ലാവരെയും പോലെ നമ്മെ വളർത്തി നമുക്ക് വേണ്ടതൊക്കെ തന്നു അച്ഛൻ വയസ്സായി സ്വാഭാവികമായി അച്ഛൻ മരിച്ചു ശരീരം ഉപേക്ഷിച്ചു അതിന് നീ കരയുന്നെന്തിനാ അനിയാ അച്ഛൻ തന്നെ ഈ തത്വമൊക്കെ നമ്മൾ പഠിപ്പിച്ചതല്ലേ കരയുന്നത് മഹാമഠയത്വമല്ലേ ജനിച്ചാൽ മരിച്ചല്ലേ പറ്റൂ അങ്ങനെ പാവനന് ഈ ഈ തത്വമൊക്കെ ഉപദേശിച്ച് അവനെ ശാന്തനാക്കി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നാണ് കഥ അപ്പൊ തത്വം ഉറപ്പുവന്ന പുണ്യൻ കരഞ്ഞില്ല ഉറപ്പുവരാത്ത പാവനൻ കരഞ്ഞു എന്താ വിശേഷം ആരാ കരഞ്ഞത് ഉറപ്പുവരാത്ത മനസ് അപ്പോ ആ മനസ്സിൽ പ്രതിബിംബിച്ചിരുന്ന ആത്മാവ് ദുഃഖിച്ചതുപോലെ തോന്നി ജീവൻ നേരെ മറിച്ച് പുണ്യൻ എന്ന ചിത്തത്തിൽ അത് നല്ല ഉറപ്പ് വന്നു കരഞ്ഞില്ല അതിൽ പ്രതിബിംബിച്ചിരുന്ന ജീവൻ കരഞ്ഞതേ ഇല്ല തൻ്റെ ജോലികളൊക്കെ ചെയ്തു എന്താ ഈ രണ്ടുപേരുടെയും സ്ഥിതി ആലോചിച്ചു നോക്കുക ഒരാൾ കരഞ്ഞു മറ്റൊരാൾക്ക് അരഞ്ഞില്ല തന്റെ കൃത്യങ്ങളൊക്കെ അനുഷ്ഠിച്ചു ഒരാളിന് തത്വബോധമുണ്ടായി അതുകൊണ്ടാണ് ഇവിടെ ഇതാ രാമൻ തന്നെ പറയുന്നു തത്വമസ്യാദി മഹാവാക്യർത്ഥം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞിടാൻ ആചാര്യകാരുണ്യത്താൽ എടോ ഹനുമാര് തത്വമസി എന്ന മഹാവാക്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കൂ അത് നീ തന്നെ ഇതാണ് തത് ത്വം അസി തത് അത് ആ പരമാത്മതത്വം ത്വമസി നീ തന്നെയാണ് ആ ജഗതീശ്വരന് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധം അത് ജനിക്കുന്നില്ല മരിക്കുന്നില്ല ജനനമരണഭ്രമൊക്കെ ഈ മായയുണ്ടാക്കുന്ന വെറുമൊരു തോന്നലാണ് അലോഹന്മാരെ ഇത് തത്വമസി മഹാവാക്യത്തിന്റെ അർത്ഥം അറിവുള്ളവരിൽ നിന്ന് ഗ്രഹിക്കണം ചാന്തോഗ്യോപനിഷത്തിലെ ആറാം അധ്യായത്തിൽ അച്ഛൻ മകന് ഒൻപത് പ്രാവശ്യം ഉപദേശിക്കുന്ന ഒരു മഹാവാക്യമാണ് തത്വമസി തത്വം അസി അത് നീ തന്നെയാണ് ആ മഹാസത്യം പരമാത്മാവ് ബ്രഹ്മം അല്ലയോ മകനെ നീതന്നെയാണ് അതുമാത്രമേ ഇവിടെ ആരംഭത്തിൽ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴും അതേ ഉള്ളൂ ഇനിമേലും അതേ ഉണ്ടായിരിക്കൂ അതിൽ മായ ചില നാമരൂപഭ്രമങ്ങൾ അതാണ് ഈ ജഗത്ത് ജഗത്തായി തോന്നുന്നത് ആ നാമരൂപഭ്രമങ്ങളാണ് എന്താ തലേ ദിവസം ഒരു സ്വർണപ്പണിക്കാരന്റെ വീട്ടിൽ ചെന്നപ്പോ അവിടെ വലിയൊരു സ്വർണ്ണക്കട്ടി ഇരിക്കുന്നു ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് വീണ്ടും ചെന്നപ്പോ അവിടെ നിരവധി ആഭരണങ്ങളാണ് സ്വർണ്ണക്കട്ടി കാണാനില്ല അപ്പൊ അയാളോട് എന്താ അതെ ആ സ്വർണ്ണ കട്ടിയാണ് ഈ ആഭരണ നാമരൂപങ്ങളായിട്ടൊക്കെ ഇരിക്കുന്നത് ഈ ആഭരണനാമരൂപങ്ങളൊക്കെ വീണ്ടും ഒന്ന് ഉരുക്കി പാകപ്പെടുത്തി കട്ടിയാക്കിയാൽ ആ സ്വർണ്ണ കട്ടിയാവും വേണമെങ്കിൽ നമുക്ക് പറയാം ആ സ്വർണ്ണ കട്ടി ആഭരണങ്ങളായി ജനിച്ചു ആ ആഭരണങ്ങളൊക്കെ ഉരുക്കി വീണ്ടും സ്വർണ്ണ കട്ടിയാക്കിയാൽ ആഭരണങ്ങളൊക്കെ മരിച്ചു വളയും മാലയും ഒക്കെ മരിച്ചു ആരു മരിച്ചു വസ്തുവെല്ലാം അതുപോലുമുണ്ട് ഈ പരമാത്മാവിൽ അതുപോലും സംഭവിക്കാൻ സാധ്യമല്ല പക്ഷെ അവിടെ സ്വർണ്ണക്കട്ടി വേണമെങ്കിൽ രൂപങ്ങൾ രൂപങ്ങളെ ഇല്ലാതാക്കി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഈ പരമാത്മാവാണെങ്കിൽ ആദ്യമേ അതുമാത്രമേ ഉള്ളൂ അതിനെ പ്രപഞ്ചനാമരൂപങ്ങളാക്കി മാറ്റാൻ ആർക്കും സാധ്യമല്ല അതഖണ്ഡമാണ് സർവത്ര നിറഞ്ഞിരിക്കുന്നു സദേവ സൗമ്യ ഇതം അഗ്രെ ആസീത് ആ സത് മാത്രമേ ആ ഉണ്മ മാത്രമേ ആരംഭത്തിൽ ഉണ്ടായിരുന്നുള്ളൂ അതിന് കഷണം കഷണമായി മുറിക്കാനോ സൂര്യനും ചന്ദ്രനുമാക്കിയൊക്കെ മാറ്റാനോ ആരും തന്നെ ഇല്ല പിന്നെ മായ ഇതൊക്കെ ഉണ്ടെന്ന് തോന്നിപ്പിച്ചു അത്രേ ഉള്ളൂ നേരത്തെ ഉണ്ടായിരുന്ന ആ ഉണ്മ അതുമാത്രമേ ഇപ്പോഴുമുള്ളൂ ഇനി മേലും ഉണ്ടായിരിക്കൂ അതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല സംഭവിച്ചു എന്ന് തോന്നിച്ചതൊക്കെ അതിൻ്റെ ശക്തിയായ മായ അതുകൊണ്ടാണ് ഈ മായ ഒരൈന്ദ്രജാലിക ശക്തി അത് മനസ്സിൻ്റെ തോന്നലുള്ളവാക്കി അപ്പോ ആ ബ്രഹ്മം അതിൽ പ്രതിബിംബിച്ചു ഞാൻ ഞാൻ എന്നൊരു തോന്നലുള്ളവായി അത് ജനിച്ചതായി തോന്നി കുറെ കഴിഞ്ഞ് അതില്ലാതായി മരിച്ചതായി തോന്നിയും വീണ്ടും ജനിച്ചതായി തോന്നി വീണ്ടും മരിച്ചതായി തോന്നി ഇങ്ങനെ അനാദിയായി നടക്കുകയാണ് വാസ്തവത്തിൽ ഒന്നും ജനിക്കുന്നില്ല ഒന്നും ഇവിടെ പരിണമിക്കുന്നില്ല മരിക്കുന്നില്ല ആ സത്യം മാത്രമേ എന്നും ഉള്ളു ജീവൻ ായി തോന്നുന്നത് വെറും ഒരു ഭ്രമം ചതുശ്ലോകീ ഭാഗവത്വം നാല് ശ്ലോകത്തിൽ ഒതുങ്ങുന്ന ഒരു ഭാഗവത് ഉണ്ട് അതിലാദ്യത്തെ ശ്ലോകത്തിൽ ബ്രഹ്മാവിന് ഭഗവാൻ ഉപദേശിക്കുകയാണ് ബ്രഹ്മാവെന്ന് പറഞ്ഞാൽ പ്രപഞ്ച മനസ്സ് ഈ മനസ്സ് ഒരു ദിവസം ഇങ്ങനെ ഉണ്ടെന്ന് തോന്നി മനസ്സ് നമ്മുടെയൊക്കെ മനസ്സ് പോലെ നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു മനസ്സുണ്ടെന്ന് തോന്നുന്നു എവിടുന്ന് വന്നു ഈ മനസ്സ് അതുപോലെ ഒരു പ്രപഞ്ച മനസ്സ് ഉണ്ടെന്ന് തോന്നി ഭാഗവതി പറയും ആ മനസ്സ് നാലുപാടും നോക്കി ഞാനിതെവിടുന്ന് ഒരു പിടിയും കിട്ടിയില്ലേ ഒരു പിടിയും കിട്ടിയില്ല പരിഭ്രമിച്ചു പോകുകയും അപ്പോ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ശബ്ദം കേട്ടു എന്നാണ് തപ തപ ഏകാഗ്രപ്പെടൂ എന്ന് അപ്പൊ ഏകാഗ്രപ്പെട്ടപ്പോൾ വിഷ്ണു എങ്ങും നിറഞ്ഞു നിൽക്കുന്ന വിഷ്ണു പ്രത്യക്ഷപ്പെട്ടു ആ വിഷ്ണു ബ്രഹ്മാവിനുപദേശിച്ചതാണ് ചതുശ്ലോകീ ഭാഗവത്തം അഹമേവ ആസമേവഗ്രേ ഞാൻ മാത്രമേ ആദ്യം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ പശ്ചാത്തം അത് ഇങ്ങനെ പലത് ഉണ്ടെന്ന് തോന്നിച്ചു അങ്ങനെ പലതുണ്ടെന്ന് തോന്നിച്ചപ്പോഴും ഞാൻ മാത്രമേ ഉള്ളൂ അഹമേവാസമേവഗ്രേ നയസത് അസത്തായോ സത്തായോ മറ്റു യാതൊന്നും തന്നെ ഇല്ലായിരുന്നു പശ്ചാത്തം വീണ്ടും ഞാൻ മാത്രമേ ഉള്ളൂ ഈ നാമരൂപങ്ങളൊക്കെ പോയാലും ഞാൻ മാത്രമേ ബാക്കി നിൽക്കൂ പശ്ചാത്തം യഥേതച്ച യോ അവശിഷ്യേത സോസ്മ്യഹം എന്ത് ശേഷിക്കുമോ അതും ഞാൻ തന്നെയാണ് അതായത് ആ സ്വർണ്ണത്തിന്റെ ദൃഷ്ടാന്തം സ്വർണ്ണം ഒട്ടേറെ ആഭരണങ്ങളുടെ നാമരൂപങ്ങളായി മാറി പക്ഷെ എന്ത് ഉണ്ടായി ഒന്നുമില്ല ആ പഴയ സ്വർണ്ണം മാത്രം ഇതുപോലാണ് ഒരേ ബോധവസ്തു ബ്രഹ്മം അതുമാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ അത് പല നാമരൂപങ്ങൾ ഉണ്ടെന്ന് തോന്നി അത് മായ അപ്പോഴും ഉള്ളത് ആ ബ്രഹ്മം മാത്രം അല്ലാതെ പുതുതായി ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല ഒന്നും തന്നെ നശിക്കുന്നില്ല ഇതനാദിയായി നടക്കുന്ന ഒരിന്ദ്രജാല പ്രക്രിയയാണ് മായ എന്തിനീമായ പരമാത്മാവിനെ പരബ്രഹ്മത്തിനെ ഇങ്ങനെ പലതാക്കിക്കാണിക്കുന്നു അതില്ലാതാക്കുന്നു നമ്മളൊക്കെ അത്രയുള്ളൂ ഒരേ ബോധവസ്തു പല നാമരൂപങ്ങൾ ഉള്ളതായി തോന്നിക്കുന്നു വാസ്തവത്തിൽ ആലോചിച്ചാൽ ഞാനുണ്ട് ഞാൻ ജനിക്കുന്നതിന് മുൻപ് എന്തായിരുന്നു ഞാനുണ്ട് ഉണ്ട് എന്നനുഭവിക്കുന്ന ഉണ്മ ബോധം അതുമാത്രമേ ഉള്ളൂ ഈ ശരീരത്തോടുകൂടി കുറേ നാൾ ഞാനുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളൊക്കെ കഴിയുന്നു ആ ശരീരം പോകുന്നു പക്ഷെ ആ സത്യം ഞാൻ ഉണ്ട് എന്ന് ആ ഉണ്മ നിലനിൽക്കുന്നു ഞാനുണ്ട് എന്ന് കരുതുന്ന വസ്തുവാണ് ജീവൻ ഇതുതന്നെയാണ് ഇവിടെ രാമനും പറയുന്നത് തത്വമ്യാദി മഹാവാക്യർത്ഥം കൊണ്ടുമമ തത്വത്തെറിഞ്ഞിടം ആചാര്യകാരുണ്യത്താൽ മദ്ഭക്തനായുള്ളവെന്ന് ഇപ്പദം അറിയുമ്പോൾ മദ്ഭാവം പ്രാപിച്ചിടും ഇല്ല സംശയമേതും തന്റെ യാഥാർഥ്യമറിയണം എന്ന് യഥാർത്ഥ താത്പര്യമുള്ളവർക്ക് ഈ തത്വം അറിയാൻ പറ്റും എന്നാണ് രാമൻ ഹനുമാനോട് പറയുന്ന തത്വമസി ഇത് ചാന്ദോഗ്യോപനിഷത്ത് ആറാം അധ്യായത്തിൽ അച്ഛൻ മകന് ഒൻപത് പ്രാവശ്യം ഉപദേശിക്കുന്ന വാക്യമാണ് തത്വമസി അത് നീ തന്നെ അച്ഛൻ മകനെ പഠിക്കാനയച്ചു അവൻ പത്ത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് പഠിത്തമൊക്കെ കഴിഞ്ഞു വീട്ടുവന്നു അവന്റെ മുഖത്ത് വല്ലാത്തൊരു അഹങ്കാരം നിറയിച്ചു കണ്ടു അച്ഛൻ അച്ഛൻ ചോദിച്ചു മകനെ നീ നിനക്കാ തത്വം ഗുരുക്കന്മാർ പറഞ്ഞു തന്നോ അച്ഛം ഏതൊന്നിനെ അറിഞ്ഞാൽ പിന്നെ മറ്റൊന്നിനെയും അറിയാനില്ലയോ ആ തത്വം അതെങ്ങനെയാണ് അച്ഛ അച്ഛൻ മൂന്ന് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു എന്നാണ് മണ്ണുകൊണ്ട് നിരവധി പാത്രങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നു മകനെ മണ്ണിനെ ഇവയെല്ലാം അറിയപ്പെട്ടു അതെങ്ങനെയാണ് അച്ഛ അത് മണ്ണിൻ്റെ കുറെ നാമരൂപങ്ങൾ മാത്രമാണ് ഈ കാണുന്ന പാത്രങ്ങളെല്ലാം മണ്ണ് തന്നെയാണ് ഇവയെല്ലാം ഒരു മാറ്റവുമില്ല പാത്രങ്ങളായി കാണുന്നത് കുറേ രൂപങ്ങൾ അവയ്ക്കുറേ മറ്റൊരു വസ്തു ഇവിടെ വേറെ ഇല്ല അതുപോലെ ഈ ജഗത്ത് ബോധരൂപമായ ആത്മാവ് മാത്രമാണ് എന്തുകൊണ്ട് ബോധമില്ലയോ ജഗത്തില്ല മണ്ണില്ലയോ പാത്രങ്ങളൊന്നും തന്നെ ഇല്ല മണ്ണുണ്ടോ പാത്രങ്ങളുണ്ട് മണ്ണില്ലേ പാത്രങ്ങളില്ല അപ്പോൾ പാത്രങ്ങളെല്ലാം മണ്ണിൽ ചില രൂപങ്ങൾ അതിന് ചില പേരുകൾ അതുപോലെ ആത്മാവ് നുഭവിക്കുന്ന ബോധം മാത്രം എന്തുകൊണ്ട് ബോധമുണ്ടോ ജഗത്തുണ്ട് ബോധമില്ലേ ജഗത്തില്ല അതുകൊണ്ട് മകനെ തത്തുമസി അത് നീ തന്നെയാണ് അങ്ങനെ ഒരു സത്യമേ ഇവിടെ ഉള്ളൂ ഇത് മകന് ഒൻപത് പ്രാവശ്യം അച്ഛൻ ഉപദേശിക്കുകയാണ് അതാണ് തത്വമസി എന്ന് മഹാവാക്യം തത്വം അസി അത് നീ തന്നെയാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധം അയതദാത്മ്യം ഇതം സർവം ആ ബോധം തന്നെയാണ് ഈ കാണുന്നതൊക്കെ ബോധമുണ്ടോ എല്ലാം ഉണ്ട് ബോധമില്ലേ ഒന്നുമില്ല അതുകൊണ്ട് ബോധതത്വം മാത്രമാണിവിടെ ഉള്ളത് അതാണാത്മാവ് ഇതാണ് രാമൻ ഇവിടെ പറയുന്നത് തത്വമതി മഹാവാക്യർത്ഥം കൊണ്ടുമമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ മത്ഭക്തനായുള്ളവന് ഇപ്പതമറിയുമ്പോൾ മദ്ഭാവം പ്രാപിച്ചീടും ഇല്ല സംശയമേതും എന്റെ ഭക്തനായുള്ളവൻ ഈ സത്യമറിയുമ്പോൾ ഞാനായിത്തീരും അതായത് ആ മഹാസത്യം ആയി തീരും നമ്മുടെ ഉള്ളിലുള്ള ഞാൻ ഞാനുണ്ട് ഞാനുണ്ട് എന്നനുഭവിക്കുന്ന ആ ജീവൻ ഭേദചിന്തകളും രാഗദ്വേഷങ്ങളും അകറ്റിയാൽ ഒരേ ഒരു ബോധവസ്തു എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു ബോധവസ്തു മദ്ഭക്തിവിമുഖന്മാർ ശാസ്ത്രഗർത്തങ്ങൾ തോറും സദ്ഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു ഭക്തിഹീനന്മാർക്കു നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാവ് മമ ഹൃദയരഹസ്യമിത് ഒരു നാളും മദ്ഭക്തിഹീനന്മാരായി മേവിയടും നരന്മാരോടു പറഞ്ഞറിയിക്കരുതലോ പരമ ഉപദേശം ഇല്ലിതിന്മീതേ ഒന്നും ഇതിന്മീതേ പരമമായ ഉപദേശം ഒന്നും തന്നെ ഇല്ല ബോധം എല്ലാരിലും തുല്യം ശരീരം മാത്രമേ ഭിന്നമായിട്ടുള്ളൂ ഇത് ആചാര്യനിൽ നിന്നും കേട്ട് തത്വബോധമുണ്ടാകണം രാമൻ ഹനുമാനോട് ഉപദേശിക്കുന്നത് ജീവൻ ജീവൻ ബ്രഹ്മം തന്നെയാണ് ശരീരത്തെ ആസ്പദമാക്കി നാമരൂപങ്ങളെ ആസ്പദമാക്കി ഭേദം കൽപ്പിക്കുന്നു വാസ്തവത്തിൽ വസ്തു സർവത്ര ഒന്ന് എന്നാണ് ഭഗവാൻ രാമൻ ഹനുമാനെ പറഞ്ഞ് കേൾപ്പിക്കുന്നത് മനസ്സിൽ ചിത്തത്തിൽ ഉണ്ടാകുന്ന ചിത്തത്തിൽ പ്രതിബിംബിക്കുന്ന ബോധമാണ് ജീവൻ ചിത്തം മാറിയാൽ അതായത് വെള്ളത്തിൽ സൂര്യൻ പ്രതിബിംബിക്കും പോലെ ഇപ്പൊ വെള്ളം കലങ്ങിയാൽ പ്രതിബിംബം കലങ്ങിയതായി തോന്നും വെള്ളം ഒഴിച്ചു പ്രതിബിംബം ബിംബമായി മാറും അതുപോലെ ചിത്തം പോയാൽ ജീവൻ ബ്രഹ്മം ചിത്തത്തെ എങ്ങനെ പോക്കാൻ പറ്റും എല്ലാം ഒന്നാണ് അദ്വൈത ബോധം കൊണ്ട് മാത്രമേ ചിത്തത്തെ മാറ്റാൻ പറ്റൂ അല്ലാതെ ശ്വാസം പിടിച്ചിരുന്നത് കൊണ്ടൊന്നും ചിത്തം മാറ്റാനൊക്കെയില്ല എന്നാണ് കൃഷ്ണൻ ഭാഗവതത്തിൽ ഉദ്ധവരോട് പറയുന്നത് ഇതിനൊരു ഒറ്റ മാർഗയേ ഉള്ളൂ എല്ലാം ഒന്നാണ് ഒരേ ബോധമാണ് എന്നുറപ്പിക്കുക അതല്ലാതെ വേറെ എളുപ്പവഴിയില്ല അതായത് ഉദ്ധവൻ ഒടുവിൽ കൃഷ്ണനോട് ചോദിക്കുന്നു ഭാഗവതത്തിൽ അങ്ങ് പറഞ്ഞ ഈ യോഗവും ഒന്നും എന്നെ കൊണ്ടിനി ഇപ്പൊ പറ്റില്ല ഒന്നാമത് വയസ്സുമായി അതുകൊണ്ട് എനിക്ക് എളുപ്പം ഭഗവാനെ കിട്ടണം എന്താ മാർഗം സുദുശ്ചരാം ഇമാം മഞ്ഞേ യോഗചര്യാം അനാത്മന യഥഞ്ജസാഭവാൻ സിദ്ധേ തന്നേ ബ്രൂഹ്യഞ്ചസ് അച്യുത എങ്ങനെയാണ് ഇത് ഉടനെ കിട്ടുക അത് എല്ലാം സർവം ബ്രഹ്മമയം എന്ന് മനസ്സിനെ പഠിപ്പിക്കുക സർവം ബോധമയം എന്ന് മനസ്സിനെ പഠിപ്പിച്ചാൽ ഇത് അതിവേഗം കിട്ടും എന്നാണ് ഉദ്ധവരോട് ഭഗവാൻ പറയുന്നത് അതല്ലാതെ ഇതിന് വേറെ എളുപ്പവഴിയില്ല അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിലും വിദ്യാവിനേ സമ്പന്നെ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിച്ചുവേച്ച പണ്ഡിതാ സമദർശിന വിദ്യാവിനയസമ്പന്നനായ ബ്രാഹ്മണനിലും പട്ടിയിലും ചണ്ടാലനിലും ഒക്കെ ഒരേ ഈശ്വരഭാവം ബോധം ബ്രഹ്മഭാവം ദർശിക്കുക അതേ ഇതിനെളുപ്പർഗമുള്ളൂ ഇതുതന്നെയാണിവിടെ ഹനുമാനോട് രാമനും പറയുന്നത് നമുക്കും പറ്റുമെങ്കിൽ എല്ലാവരിലും ഈശാവാസ്യമിതം സർവം സർവം ബ്രഹ്മമയം എന്ന ഈശ്വരഭാവം ഉറപ്പിക്കാൻ നോക്കുക അതേ മാർഗം അല്ലാതെ ഭേദചിന്തയും രാഗദ്വേഷവും കൊണ്ട് നടന്നാൽ ഒരിക്കലും ഈ പരമമായ തത്വം അനുഭവിച്ചറിയാൻ പറ്റാതെ പോകും ജീവന് ജീവന് ബ്രഹ്മത്വം നേടാൻ സാധിക്കണമെങ്കിൽ ഭാവം എല്ലാം ഒന്ന് എല്ലാം ഈശ്വരൻ എന്ന് മനസ്സിനെ പഠിപ്പിച്ചാൽ മാത്രമേ പറ്റൂ അല്ലെങ്കിൽ മനസ്സ് വഴങ്ങിത്തരില്ല ഇതാണ് രാമനും ഹനുമാനോടുപദേശിക്കുന്നത് നമുക്കും അത് ശ്രമിച്ചു നോക്കാം ശ്രമിച്ചാൽ നിശ്ചയമായിട്ടും സാധിക്കും സർവം ബ്രഹ്മമയം ഈശാവാസ്യമിതം സർവം എന്ന് മനസ്സിനെ നിരന്തരം പഠിപ്പിക്കുക അതേയുള്ളൂ ഇതിന് ഒരേ ഒരു വഴി അത് പഠിപ്പിച്ചാൽ ഇതായി അടുത്ത അടുത്ത് പറയാൻ പോകുന്നത് എത്ര മഹാപാപിക്കും എത്ര വലിയ പാപം ചെയ്തവനും ഈ ജീവിതത്തിൽ രക്ഷപ്പെടാം എങ്ങനെയായാൽ ഈ സത്യം ചെല്ല ഈശ്വരമയം എന്ന സത്യം മനസ്സിനെ പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ ബ്രഹ്മഹത്യാദി ദുരിതങ്ങളിൽ നിന്ന് പോലും രക്ഷപ്പെടാം ഇതുതന്നെയാണ് ഗീതയിൽ ഭഗവാനും പറയുന്നത് അതായത് ധർമാധർമ്മ ചിന്ത പോലും നമുക്ക് ഒഴിവാക്കി ഈ സത്യം മനസ്സിനെ പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ രക്ഷപ്പെടാം എന്നാണിനിയും ശ്രീരാമൻ ഹനുമാനോട് പറയുന്നത് അപ്പോ ധർമാധർമ്മ ചിന്തകളിൽ നിന്ന് പോലും രക്ഷപ്പെടാനുള്ള മാർഗം ഈ അദ്വൈത അനുഭവം മാത്രമേ സാധ്യമാവൂ എന്നിനി പറയുന്നു അത് നമുക്ക് നാളെ വിശദമായി ചർച്ച ചെയ്യാം ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം നമസ്കാരം